ൃതിുക്രം തദ്ദേമു ശ്രിതംഗത്സവം നിസ്സൃതം മഹദ്ഭയം വജ്രമുദം ൃപതി ഭപതി സൂര്യ ഭ്രശ്ചാശ്ച മൃത്യദ്ധാവതി പഞ്ചായശഗത് ബോദ്ധം ശരീരസു ലോകർ ലോകു പരിവദി തധാ ഗന്ധലോക ഛായ തോരിവ്രഹലോകെ ഇന്ദ്രി പൃഥക്ഭാവം കൃത്യാസ്തമയോചയുമാന മിരോ ശോചതി പരം മനോ മനസം സിമഹനത്മാതോ വ്യക്തമുത്തു പരപുരുഷോ വ്യാകോ ലിംഗ ചുഷാ പശ്യോ തിഷന്തി മനസുദ്ധിശ്ചേ പരമാതി മന്തി സ്ഥിരാധാരണ അപ്രമദ്ധോ പ്രഭവാപ്യയോനസാ സോ നക്ഷുഷ അതിവതോന്യത്ര കഥം തദുപല ചോഭയോ പ്രമുച്യ ൃദയശ്രിതോ പ്രഭി ഗ്രന്ഥയ അഥ മതി അമൃതോ ോവധ്യുശാസനം ശതം ചേക്കൃതയട്യാസാംർ അഭിസൃതൈക തയോർധമായൃത നിശം അനാ ഉത്കണേ ശരീരാതി <Gushita> മൃത മൃത് പ്രോക്തേ വിദ്യം എന്താ യോഗവിധി ബ്രഹ്മ പ്രാ വിരജോ ഭൂമി മൃത്യു അനോപ്യംയോ വിധ്യാത്മമേവ പതിനാറാമത്തെ മന്ത്രമാണ് അടുത്തത് ചർച്ച ചെയ്യേണ്ടത് ഇതുവരെ പറഞ്ഞുവന്ന പ്രകരണം അവസാനിപ്പിച്ചിട്ട് വിഷയാന്തരമാണ് ഇവിടെ ചർച്ച സർവകാമനകളും അസ്തമിക്കുന്നു തത്ത്വജ്ഞാനമുണ്ട് അങ്ങനെ മോക്ഷം മർത്തേനായ മരണ സ്വഭാവമുള്ള ജീവൻ മുക്തനായി തീരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ തന്നെ നജുകയസ് അഗ്നി വിദ്യയെക്കുറിച്ചും ചോദിച്ചു ആത്മജ്ഞാനത്തെ മാത്രമല്ല ആവശ്യപ്പെട്ടത് മറ്റ് വിദ്യകളെക്കുറിച്ചും ആവശ്യപ്പെട്ട ഉപാസനങ്ങളെക്കുറിച്ച് അതിൻ്റെ ഫലം പറയണം അതിനു വേണ്ടിയിട്ടാണ് പതിനാറാമത്തെ മന്ത്രം എന്നാണ് ഭാഷകാരൻ പറയുന്നത് അഗ്നിവിദ്യുത അഗ്നിദ്യ ആത്മവിദ്യ മാത്രമല്ല അഗ്നിവിദ്യയെ കുറിച്ചും ചോദിച്ചു യമദേവൻ മറുപടി പറഞ്ഞു തസ്യാപ്തിപ്രകാരോ വക്തവ്യം അതിന്റെ ഫലം എങ്ങനെയാണ് ആ ഫലത്തിന്റെ സവിശേഷത എന്താണ് ഇതി മന്ത്രാരംഭ അത് അടുത്ത മന്ത്രം എന്നുള്ളത് പറയുന്നത് തത്ര ശതം ഏകാ ചൂർ ཀྱང ཀྰྲ ཀྱྱང དོའོ ཁལང ཇཟང ཀྱི རང གསང མྱོང ཤེབ གསང ཆལྡོ ཆེན དྷངར པའོ དབ འིང ངྱར པོའོ ཐྱོང താസം മധ്യേ മൂർധാന് ഭിത് മസൃത നർഗദുഷുപയധകൃ ആത്മാനം വശീകൃത്യോജ് ശതസാ ശ ശതം നൂറ് ച ഏക എന്ന് പറയുമ്പോൾ നൂറ്റിയൊന്ന് ശതഞ്ച ശതസംഖ്യ നൂറും ഏകാചും നൂറ്റിയൊന്നും നാളികൾ ഉണ്ട് അതിൽ ഏകാച സുഷുമിനാമം അതിൽ ഒന്നിൻ്റെ പേരാണ് സുഷുമിന സുഷുമിനു പറയുന്ന ഒരു നാളി പുരുഷ ഹൃദയ ഇതെല്ലാം പുരുഷന്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന നാടികളാണ് നൂറ് നാടികളും നൂറ്റി ഒന്നാമത്തെ സുഷുമ എന്ന നാടി പുരുഷന്റെ ഹൃദയത്തിൽ നിന്നും ഇവ പുറപ്പെടുന്നു ഈ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന നൂറ്റിയൊന്ന് നാടുകളിൽ മൂർധാനം ഭിത്വ ഒരു നാടി മൂർധാവിനെ കടന്നുപോകുന്നുണ്ട് മൃദാവിനെ ഭേദിക്കുന്നു വിനുശ്രിത നിർഗത മൂർധാവിൽ ചെന്ന് ആ മൂർദ്ധാവിന് പുലർന്നു പോകുന്നത് പോലെ സ്ഥിതി ചെയ്യുന്നു ഏതാണത് സുഷുമിനാണ് സുഷുമിനു പറയുന്ന നാടി തയ്യാർ ആ സുഷുമിന നാടിയിലൂടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് മുളുധാവിൽ തുറക്കുന്ന ആ ശിരസിന്റെ ഉപരിഭാഗ മദ്യഭാഗത്ത് തുറക്കുന്ന തയാ നാട്യ ആ നാടിയിലൂടെ അന്ധകാലേ ഈ ജീവൻ ഉപാസകൻ ഈ ശരീരം വിട്ടുപോകേണ്ട സമയമാകുന്നു അതാണ് അന്ധകാലം ഗുരുപാസകന്റെ സാധന അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അതാണ് എന്താ കാലം ഹൃദയയിൽ ഹൃദയത്തിൽ തൻ ഹൃദയത്തിൽ നിന്നാണ് ഈ സുഷമിനെ അപ്പുറപ്പെടുന്നത് അതുകൊണ്ട് ഹൃദയത്തിൽ ആത്മാനം വശീകൃത്യം ആ ജീവനവിടെ വശീകരിച്ച് ആ ഉപാസകൻ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അതിന് ഹൃദയത്തിൽ വശീകരിച്ച് യുവജയെ ഈ നാടിയിലൂടെ പ്രവേശിപ്പിക്കണം എന്നിട്ട് ആ ഹൃദയത്തിൽ നിന്നും ആവാഹിച്ച് ഈ നാടിയിലൂടെ കടത്തി മൂർധാവിലൂടെ പുറത്തു കൊണ്ടുവരണം ഈ ശരീരത്തിൽ അങ്ങനെ പുറത്തു കൊണ്ടുവരുന്ന ഉപാസകൻ തന്റെ സാധനയുടെ ആ ബലം കൊണ്ട് അത് സാധിക്കത്തുള്ളൂ ഉപാസനയുടെ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ജീവനെ ആവാഹിച്ച് സുഷുഭന നാടിയിലൂടെ പ്രവേശിപ്പിച്ച് മൃദാവിൽ കൊണ്ടുവന്നു അതുവഴി ആ ജീവനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ജീ കൊണ്ടുവന്നാൽ ആ ജീവൻ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് ഓർധും ഉപരി ആയൻ തയോർധം ആയൻ മന്ത്രത്തിൽ തയാ ആ സുഷമനാ നാടിയിലൂടെ ഓർധും ഉപരി ആയൻ ഗച്ഛൻ മുകളിലേക്ക് പോകുന്നവൻ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു ഗച്ഛൻ ആദിത്യദ്വാരേണ് ഉത്തരായണ മാർഗം എന്ന് പറയും പുരുഷത്തിൽ പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യുന്നു ആദിത്യ മാർഗം ഉത്തരായണ മാർഗം ആ മാർഗത്തിലൂടെ അതാണ് ഉപരി എന്ന് പറയുന്നത് മറ്റു ലോകങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ദക്ഷിണായന മാർഗത്തെ അപേക്ഷിച്ച് ഇത് ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് ഇതിന് ഉപരി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആദിത്യദ്വാരേണ പോകുന്നവൻ അമൃതത്വം അമരണധർമ്മത്വം അപേക്ഷിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു അമൃതത്വം എഴുതി മോക്ഷത്തെ പ്രാപിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂർധാവിലൂടെ പോകുന്ന ജീവൻ ഉടൻ മുക്തനാകുമോ ഇല്ല അതുകൊണ്ടാണ് അമൃതത്വം അമരണധർമ്മത്വം ഇതെന്താണ് ആപേക്ഷികം ഭാഷ്യകാരൻ എന്ന് പറയുന്നത് ആപേക്ഷികമായ മോക്ഷമാണ് സദ്യോമുക്തി എന്താ ഉടൻ മോക്ഷം നേടുന്നില്ല ഉടൻ മോക്ഷം നേടുന്നുണ്ടെങ്കിൽ അമൃതത്വം എന്ന് എന്തിനു പറഞ്ഞു അമൃതത്വം എന്ന് പറയുന്നത് മോക്ഷത്തെയാണ് പറയുന്നത് ഉടൻ മോക്ഷം നേടുന്നുണ്ടെങ്കിൽ ശ്രുതി എന്തുകൊണ്ട് അമൃതത്വം എന്ന് പറഞ്ഞു പറയുന്നത് അത് പറയുന്നു ആഭൂതസംബ്ലവം സ്ഥാനം അമൃതത്വം ഹി ഭാഷ്യത അമൃതത്വം എന്ന് പറയുന്നത് ആഭൂതസംബ്ലവ സ്ഥാനമാണ് ആ ഭൂതസംബ്ലവം പ്രളയം വരെ മഹാപ്രളയം വരെ ഭൂതസമ്പ്ലവം സർവപ്രാണിയുടെയും ശമ്പളവം പ്രളയം അതുവരെ അതാണ് ആ ഭൂതസംബ്ലവം സർവപ്രാണിയുടെയും മഹാപ്രളയം വരെയുള്ള സ്ഥാനം അതുവരെ സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തെ അമൃതത്വം ഹി ഭാഷ്യത അതിനാണ് അമൃതത്വം എന്ന് പറയുന്നത് അമൃതത്വത്തിന് അങ്ങനെയും ഒരർത്ഥമുണ്ട് എന്നാണ് ഇതി സ്മൃതേ എന്ന് സ്മൃതി പറയുന്നു സർവപ്രാണികളും വിലയിക്കുന്ന മഹാ പ്രളയത്തിൽ വിലയിക്കുന്ന വിലയിക്കുമ്പോഴും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാനമുണ്ട് അതാണ് ബ്രഹ്മലോകം മറ്റ് ലോകങ്ങളുടെ എല്ലാം പ്രളയം സംഭവിച്ചാലും അത് നശിക്കാതെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ആ സ്ഥാനം ബ്രഹ്മലോകം അതിനാണ് അമൃതത്വം എന്ന് പറയുന്നത് അപ്പൊ ജീവൻ ഈ ശരീരം വിട്ട് യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാപ്യസ്ഥാനം ഉണ്ടാവും എവിടെയെങ്കിലും എത്താൻ വേണ്ടിയാണ് ഒരു യാത്ര ആരംഭിക്കുന്നത് അപ്പൊ ജീവൻ ശരീരം വിട്ട് സുഷ്മിനാടിയിലൂടെ മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു എന്നാണ് അപ്പൊ ജീവന് എത്തിച്ചേരാൻ ഒരു സ്ഥലം വേണം ആ സ്ഥലം മറ്റ് ലോകങ്ങളെല്ലാം അപേക്ഷിച്ച് ഉന്നതമാണ് ശ്രേഷ്ഠമാണ് അതുകൊണ്ട് അതിനെ ആപേക്ഷികമായി അമൃതത്വം എന്ന് പറഞ്ഞു ബ്രഹ്മലോകത്തെ ഇനി അമൃതത്വം എന്നുള്ളതിന് മോക്ഷം എന്നുള്ള മുഖ്യമായ അർത്ഥം എത്താനും ദോഷമുണ്ട് ആ യോജിക്കും അതാണ് അടുത്ത് പറയുന്നത് ബ്രഹ്മണാവ സഹ കാലാന്തരേണ മുഖ്യം അമൃതത്വം ഇവിടെ അമൃതത്തിൽ നിന്നുള്ളതിനും മുഖ്യമായ അതിൻ്റെ അർത്ഥം മോക്ഷം എന്നുള്ള അർത്ഥം നടത്താനും ദോഷമില്ല ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്ന ഈ ജീവന്മാരെല്ലാം ഉപാസകന്മാരെല്ലാം ബ്രഹ്മണവാസ ആ ബ്രഹ്മലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ബ്രഹ്മാവ് അതിനാണ് കാരി ബ്രഹ്മം ഹിരണ്യഗർഭൻ എന്നെല്ലാം പല ഭാഗങ്ങളും പറയുന്നത് ആ ഹിരണ്യഗർഭനോടൊപ്പം ബ്രഹ്മണവാസഹ കാലാന്തരേണ കൽാന്ത്യത്തിൽ ഒരു കൽപ്പത്തിന്റെ അവസാനം സൃഷ്ടിയുടെ അവസാനം മുഖ്യം അമൃതത്വം ഏരി മുഖ്യമായ അമൃതത്വത്തെ മോക്ഷത്തെ പ്രാപിക്കുന്നു ജനന മരണങ്ങളില്ലാത്ത മോക്ഷത്തെ പ്രാപിക്കുന്നു ഊർദ്ധുമായൻ അമൃതത്വം ഏരി ഊർദ്ധ ലോകത്തെ പ്രാപിക്കുന്നുവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാലും ദോഷമുണ്ട് പക്ഷേ അത് സദ്യവും മുക്തി എന്നുള്ള അർത്ഥം എടുക്കാൻ പാടില്ല സുഷമനയിലൂടെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേർന്ന് ബ്രഹ്മാവിനോടൊപ്പം കൽപ്പാന്തത്തിൽ ദീർഘകാലം അവിടെ കഴിഞ്ഞ് അതിനുശേഷം മുക്ത എന്നെ പ്രാപിക്കുന്നു അതാണ് കാലാന്തരേണ് കാലാന്തരത്തിൽ ഉടനെ അല്ല ജീവൻ കൈവരിക്കുന്നില്ല മറിച്ച് മറ്റൊരു ലോകത്തിൽ അവിടെ കാലാന്തരത്തിൽ മുഖ്യമൃതം പ്രാപിക്കുന്നു എന്താണ് അവിടെ കാലതാമസം വരുന്നത് അമൃതത്വം എഴുതി ഭോഗാൻ അനുപമാൻ ഈ ലോകത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഭോഗങ്ങളോടും സുഖങ്ങളോടും ഉപമിക്കാൻ കഴിയാത്തതായ സുഖങ്ങളെ അനുഭവിച്ചിട്ട് ആ സുഖങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ലോകത്ത് കഴിയുന്നത് എന്ന് പറയുന്നു അനുപമാൻ ഉപമിക്കാൻ കഴിയാത്തതായ ഭാൻ സുഖങ്ങളെ ഭനുഭവിച്ചിട്ട് അതിനുവേണ്ടിയിട്ടാണ് ബ്രഹ്മലോകത്തിൽ ഉപാസകന് ഉപാസനയുടെ ഫലമായി ശ്രദ്ധിക്കുന്ന നിരവധി സുഖങ്ങളെ അത് ഏതുപോലെയുള്ള സുഖമെന്നൊന്നും പറയാൻ കഴിയത്തില്ല അങ്ങനെയുള്ള സുഖങ്ങൾ ബ്രഹ്മലോകത്തിൽ കൽപ്പാന്തം വരെ അനുഭവിച്ച് അതിന് ശേഷം അവിടെ നിന്നും മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് ബ്രഹ്മ ലോകഗദാൻ ഈ സുഖങ്ങളെല്ലാം എവിടെയുണ്ട് ബ്രഹ്മലോകത്തിലുള്ളതാണ് അലോകിങ്ങളായ സുഖങ്ങൾ ഈ ലോകത്തിലുള്ള സുഖങ്ങളെല്ലാം ബ്രഹ്മലോകത്തിലുള്ള സുഖങ്ങളെയെല്ലാം ആ ജീവന്മാരെ അനുഭവിച്ച് ഒടുവിൽ കൽപ്പാന്തത്തിൽ ആ ്രഹ്മാവിനും മോക്ഷം ലഭിക്കുന്നു ഹിരണ്യഗർഭനും മുക്തനായിത്തീരുന്നു അതോടൊപ്പം യുവാസകന്മാരും മുക്തായിത്തീരുന്നു എന്നാണ് അതുകൊണ്ട് ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നവർക്ക് മോക്ഷത്തെ ലഭിക്കുന്നു എന്ന് ഉള്ള അർത്ഥം പറഞ്ഞാൽ ദോഷമില്ല അമൃതത്വം എന്ന് പറയുന്നതിന് മോക്ഷം എന്നുള്ള അർത്ഥം തന്നെ എടുക്കാം പക്ഷെ അത് സദ്യമുക്തിയല്ല ക്രമമുക്തി ക്രമമുക്തിയെ പ്രാപിക്കുന്നു ശതംചഏക എന്ന് പറയുന്നു അതിന് നൂറ്റി ഒന്ന് നാടികൾ അതിന് ഒരു നാടി അതാണ് സുഷഭിന അതിലൂടെ പോകുന്നയാൾ മുക്തിയെ പ്രാപിക്കുമെന്ന് പറഞ്ഞു മറ്റു നാടികളോ അതാണ് അടുത്ത് പറയുന്നത് വിശ്വം വിശ്വം നാനാവിധ ഗതയു എന്ന് പറയുന്നത് നാനാവിധം പലവിധം എന്നുള്ള അർത്ഥത്തിലുള്ള അഭിയമാണ് വിഷു എന്ന് പറയുന്നത് ഗമിക്കുന്നു എന്നാണ് അപ്പൊ വിശ്വം നാനാതരത്തിൽ ഗതിയുള്ള എന്നർത്ഥം വിശ്വം അന്യാഢ്യ മറ്റു നാടികൾ ഉത്രമണി നിമിത്തം ഭവതി മറ്റുള്ള നാടികളിലും നിമിത്തമാണ് ജീവൻ മറ്റു നാടികളിലൂടെയും പോകാം ഉത്ക്രമണത്തിൽ ജീവന്റെ ഉത്ക്രമണം എന്നുവെച്ചാൽ ശരീരം വിട്ടുപോകുന്നതിന് മറ്റു നാടികളും നിമിത്തമാണ് മറ്റേതെങ്കിലും നാടികളിലൂടെ പോകാം പക്ഷെ അതെല്ലാം എന്താണ് സംസാര പ്രതിപത്യർഥന്തി പക്ഷെ അതെല്ലാം എന്താണ് സംസാരപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള നാടികളാണ് മരണസമയത്ത് പ്രതിയെ ദേശത്ത് നിന്നും ആ ജീവൻ സ്വേച്ഛയല്ല അതിൻ്റെ പൂർവ്വ കർമ്മങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും നാടിയിലൂടെ പുറത്തു പോകുന്നു അങ്ങനെ പോകുമ്പോൾ ശരീരത്തിലുള്ള നവദ്വാരങ്ങളിലൂടെ ഏതെങ്കിലും നവദ്വാരങ്ങളിൽ ഏതിലൂടെയെങ്കിലും അവന്റെ കർമ്മ ഗതി അനുസരിച്ച് പോകുന്നു ആ പോകുന്നതിനനുസരിച്ച് ആ പോകുന്ന മാർഗം ആ ജീവൻ്റെ പുനർജന്മത്തിൻ്റെ വ്യത്യസ്തതയ്ക്ക് അനുസരിച്ചായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ ജന്മത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് മൂർധാവിലൂടെ പോകുന്നത് മറ്റേതെങ്കിലും നാടികളിലൂടെ ആ ജീവൻ സഞ്ചരിച്ച് മറ്റേതെങ്കിലും നവദ്വാരങ്ങളിൽ മറ്റേതെങ്കിലും ദ്വാരത്തിലൂടെ പോവുകയാണെങ്കിൽ ആ പോകുന്ന ദ്വാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ ജീവന്റെ അടുത്ത ജന്മത്തിനനുസരിച്ചുള്ള ദ്വാരത്തിലൂടെയായിരിക്കും ആ ജീവൻ ശരീരം വിട്ടുപോകുന്നത് പക്ഷെ അങ്ങനെ പോകുന്ന ജീവൻ സംസാരപ്രതിപത്യർത്ഥം ഈ നാടുകളെല്ലാം സംസാരപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ് അതായത് വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ജീവൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഈ വിഷയത്തെ ബ്രഹ്മസൂത്രത്തിന്റെ നാലാം അധ്യായത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഉത്തരായണ ദക്ഷിണായണ മാർഗത്തിലൂടെയുള്ള ജീവന്റെ സഞ്ചാരം അത് ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ഏതെല്ലാം വഴിക്കാണ് പോകുന്നു ഗീതയിലും സൂചിപ്പിക്കുന്നുണ്ട് അഗ്നി ജ്യോതിര എന്ന് പറയുന്ന ശ്ലോകത്തിൽ ദക്ഷിണായണ മാർഗത്തിലൂടെ ഏതെല്ലാം വഴിക്ക് സഞ്ചരിക്കുന്നു ഇതിന് ശ്രമതി ഏതെല്ലാം ഭാഗത്ത് ഇങ്ങനെയെല്ലാം പറയുന്നു അതിൽ വരുന്ന വിരോധങ്ങളെല്ലാം പരിഹരിച്ച് സമന്വയിപ്പിച്ച് എന്താണ് ആ ദക്ഷിണായന മാർഗം ഉത്തരായണ മാർഗം ഏതാണ് എന്ന വിശദമായി ബ്രഹ്മസൂത്രത്തിൽ നാലാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം ഈ മന്ത്രത്തെ ഈ പതിനാറാമത്തെ മന്ത്രത്തെ ആണ് പ്രധാനമായിട്ടും ആശ്രയിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഗതി ഇത് വൈദികമായ ഉപാസനയുടെ മാർഗത്തെയും ഫലത്തെയാണ് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇവിടെ പറയുന്നത് ഹൃദയത്തിൽ നിന്നും സുഷുഭിനാനാടി പുറപ്പെടുന്നു ആ സുഷുഭിനാടിയിലൂടെ ജീവൻ മൂർധാവൻ പ്രവേശിച്ച് പോകുന്നു എന്നാണ് നമ്മൾ സാറ് നമ്മൾ ധരിച്ചിരിക്കുന്നു സുഷുബിന നാടി മൂലാധാരത്തിൽ നിന്നും പുറപ്പെട്ടു സഹസ്രാര പത്മത്തിൽ എത്തിച്ചേരുന്നൊക്കെയാണ് അത് താന്ത്രികമായ ഉപാസന സമ്പ്രദായത്തിലുള്ളതാണ് പറഞ്ഞല്ലോ നാടികൾ അനന്തമായ നാടികളുണ്ട് പക്ഷേ ശ്രുതിയിൽ പ്രധാനമായും പറയുന്നത് ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന നാടിയെ കുറിച്ചാണ് പറയുന്നത് മൂലാധാരത്തിൽ നിന്നും പുറപ്പെടുന്ന സുഷുവിനെ കുറിച്ച് ഈ ബ്രഹ്മസൂത്രത്തിൽ ഒന്നും ചർച്ച വന്നിട്ടേ ഇല്ല കാരണം അത് അതിന്റെ എല്ലാം ഉറവിടം വിശ്വസിക്കുന്ന വൈദികമായി വാസനയെ അതിന്റെ മാർഗത്തെ കുറിച്ചും എല്ലാം പറയുന്നിടത്ത് ഈ ഹൃദയത്തിൽ നിന്നുള്ള സുഷുഭിനാടിയെ കുറിച്ചാണ് വെച്ചാൽ ഹൃദയത്തിൽ നിന്നും ഒരു നാടി പോകുന്നുണ്ട് മൂർധാവിലേക്ക് അതിൻ്റെയും പേര് സു സുഷഭന എന്ന് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് നാടികളിലൂടെ എങ്ങനെ സഞ്ചാരം വരുന്നു ഇവിടെ ഈ ഹൃദയത്തിൽ നിന്നുള്ള നാടിയിലൂടെ ജീവൻ കടന്നു പോകുന്നതിന് വേണ്ടി ഉപാസകൻ മരണസമയത്തല്ല അതിനു മുമ്പ് തന്നെ അവരുടെ ഉപാസന കാലത്ത് തന്നെ ഹൃദയസ്ഥിതനായ ഭാഷകാരൻ ബ്രഹ്മസൂത്രത്തിൽ അത് വിശദീകരിക്കും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരന് ഫലിക്കുന്നു ആ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടുകൂടി ആ ഉപാസനയുടെ ശക്തികൾ ഉപാസകൻ ഭാവന ചെയ്യുന്നു ഹൃദയത്തിൽ നിന്നും മൂർധാവിലേക്ക് പോകുന്ന നാടിയെ ഭാവന ചെയ്യുന്നു ജീവൻ ഹൃദയത്തിൽ ഈ നാഡീദ്വാരത്തിൽ പ്രകാശ രൂപത്തിൽ ഒരു പ്രകാശമായി സ്ഥിതി ചെയ്യുന്നു എന്ന് ധ്യാനിക്കുന്നു നിരന്തരം ആ ജീവൻ മുഴുതാവിലേക്ക് ഈ നാടിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് ധ്യാനിക്കുന്നു ഇങ്ങനെ നിരന്തരം ധ്യാനിച്ച് കേവലം ഇത് മാത്രമല്ല മറ്റ് ജ്ഞാന കർമ്മ സമുച്ചയാനുഷ്ഠാനങ്ങൾപ്പണു ചെയ്യുന്നത് മറ്റെന്തെങ്കിലും വൈദികമായ ഉപാസന പദ്ധതികളും ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ജീവന്റെ ഗതിക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്നും മൂർധാവിലേക്ക് ജീവൻ സഞ്ചരിക്കുന്ന ഈ നാടിയെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ നാടിയുടെ ദ്വാരത്തിൽ അതായത് നാടിയുടെ പ്രവേശന മാർഗത്തിൽ പ്രകാശ രൂപത്തിൽ ജീവനെ ധ്യാനിക്കുന്നു ഉപാസനയുടെ ധ്യാനത്തിൻ്റെ ബലം കൊണ്ട് ആ ജീവന് അതിൻ്റേതായ ശക്തി ഉണ്ടാവും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രാണനെ വശീകരിച്ച് സ്വയം ജീവൻ തന്നെ ധ്യാനിക്കുന്നതും സഞ്ചരിക്കുന്നതും ഒരു ജീവൻ തന്നെ ആ ജീവൻ സ്വേച്ഛക ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ പ്രാണനെ വശീകരിച്ച് സ്വയം പ്രകാശരൂപത്തിൽ ജീവന് ഭാവന ചെയ്ത് ഈ നാടീദ്വാരത്തിലൂടെ നാടിയിൽ പ്രവേശിച്ച് മൂധാവിലൂടെ ബ്രഹ്മലോകത്തിലേക്ക് സഞ്ചരിക്കുന്നതായി ധ്യാനിച്ച് ഭാവന ചെയ്ത് ഉറപ്പിക്കും ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ച് വരുന്ന ഒരാൾക്ക് ഈ ശരീരത്തിൻ്റെ കർമ്മബന്ധങ്ങൾ ഒടുങ്ങുന്നു എന്നുള്ള ധാരണ വരുമ്പോൾ തൻ്റെ അതുവരെയുള്ള ധാരണ ബലം കൊണ്ട് ധ്യാനത്തിൻ്റെ ബലം കൊണ്ട് സ്വയം താൻ ധ്യാനിച്ചതുപോലെ തന്നെ ഈ ജീവൻ ഈ നാടിയിലൂടെ പ്രവേശിച്ച് ശരീരം വിട്ട് മൂർധാവിലൂടെ പുറത്തു പോകുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിനും വിശദീകരിക്കുന്നു അപ്പൊ അത് ദീർഘകാലത്തെ അഭ്യാസത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ കുണ്ടലിനി യോഗത്തിനും മറ്റും പഠിക്കുന്നത് മൂലാധാരത്തിൽ നിന്ന് ഷടാധാരങ്ങളിലൂടെ എല്ലാം കടന്നു സുഷമനയിലൂടെ സഹസ്ര പത്മത്തെത്തിച്ചേരുന്നു എന്നാണ് അതും മറ്റൊരു തരത്തിലുള്ള ഉപാസന മാർഗമാണ് ഇത് നേരിട്ടുള്ള വൈദിക ഉപാസന മറ്റത് താന്ത്രിക ഉപാസന എന്നിവ ആ നാടിയുടെയും പേര് സുഷുഭിന എന്ന് തന്നെയാണ് അതുകൊണ്ട് മനസ്സിൽ സംശയം വരരുത് സുഷുഭിനു പറയുന്നത് മൂലാധാരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവിടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറയുന്നത് രണ്ടും എങ്ങനെ ശരിയാകും എന്നൊന്നും സംശയിക്കേണ്ട പലതരത്തിലുള്ള ഉപാസനാരീതികളും പലതരത്തിലുള്ള മാർഗങ്ങളും പലതരത്തിലുള്ള മോക്ഷ പ്രകാരങ്ങളും എല്ലാം പറയുന്നുണ്ട് പല ശാസ്ത്രങ്ങളിൽ ഒന്നിതാണ് ഒരു രീതിയിൽ ഏത് രീതിയിലായാലും ഇവിടെ എല്ലാം ജീവന്റെ ഗതി സഞ്ചാരം പറയുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും മുഖ്യമായ മോക്ഷമല്ല സദ്യോമുക്തി അല്ലെന്നാണ് ഭാഷ്യധാരൻ്റെ അഭിപ്രായം ബ്രഹ്മസൂത്രത്തിൽ ഈ ജീവന്റെ ഗതിയെ കുറിച്ചെല്ലാം വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്നത് പക്ഷെ അവിടെയെന്നും ഈ മൂലാധാരത്തിൽ നിന്നുള്ള സുഷമിനെ കുറിച്ച് സുഷമിനെ കുറിച്ചോ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല വിശദമായ ചർച്ച ചെയ്യുന്നില്ല അവിടെ ഈ വൈദികമായ ചർച്ചയിൽ അത് വരുന്നില്ല താന്ത്രികമായ ഇനി ഒന്നുകൂടി അദ്വൈത സിദ്ധാന്തമനുസരിച്ച് മോക്ഷത്തിന് കുണ്ടല്ലിനി ഒന്നും ആവശ്യമില്ല അല്ല കുണ്ടല്ലിനി ഉണർന്ന് മോക്ഷം കിട്ടുന്നതിന് നിഷേധിക്കുകയല്ല മോക്ഷം വരുന്നതിന് കുണ്ടലിനി ഉണർന്നേ പറ്റൂ എന്ന് വാശി അങ്ങനെ വാശി പിടിക്കുന്നവരെ സംബന്ധിച്ച് കുണ്ടണ്ണി ഉണർന്നു തന്നെ മോക്ഷം നേടിയേ പറ്റൂ ഇവിടെ ഭാഷ്യക്കാരൻ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഈ കുണ്ടണ്ണി ഉണരുന്നതിനെ കുറിച്ചോ ജീവൻ ആധാരങ്ങൾ കിടന്നു പോകുന്നതിനെ കുറിച്ചോ ഒന്നും അത്തരം പ്രകടനങ്ങളിൽ ചർച്ച ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഈ വിഷയം ചർച്ച ബ്രഹ്മസൂത്രത്തിലാണ് അവിടെ മോക്ഷത്തെക്കുറിച്ചും മോക്ഷമാർഗത്തെക്കുറിച്ചുമെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിലൊന്നും തന്നെ ഈ കുണ്ടനി കുണ്ടനിനി വളർന്ന് അങ്ങനെയുള്ളൊരു മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു നിർബന്ധം ഭാഷ്യക്കാരനില്ല എന്നാണ് എന്നാൽ ശങ്കരാചാര്യരുടെ പേരിൽ എഴുതിയിട്ടുള്ള മറ്റു പല ഗ്രന്ഥങ്ങളിലും ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നുണ്ട് സംഗ്രഹാ പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ പക്ഷേ മുഖ്യമായ ഭാഷത്തിൽ ഈ കുണ്ടലിനിയുടെ ഉണർവും മോക്ഷവുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല അവിടെ പറയുന്നത് മോക്ഷത്തിന് കാരണം തത്വജ്ഞാനമാണ് അതിന് കുണ്ടലിനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ശ്രുതിവാക്യം മഹാവാക്യങ്ങളുടെ ശ്രവണ മനനം ഇതിഹാസങ്ങൾ അതുകൊണ്ട് ജ്ഞാനമുണ്ടാകുന്നു ജ്ഞാനം കൊണ്ട് മോക്ഷം അപ്പോൾ അദ്വൈത മതമനുസരിച്ച് മോക്ഷത്തിന് കാരണം ആത്മബോധമാണ് ആ ആത്മബോധം മഹാവാക്യ ശ്രവണം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ അതിന് മറ്റ് അഭ്യാസങ്ങൾ ഒന്നും നേരിട്ട് സഹായിക്കുന്നില്ല ഇതെല്ലാം അദ്വൈത മതമാണ് ശങ്കരാചാര്യരുടെ മതമാണ് എന്നാൽ പല ആചാര്യന്മാരും പലതരത്തിലുള്ള മാർഗങ്ങൾ മോക്ഷ മാർഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ കുണ്ടലിനി യോഗം അതിന് ശങ്കരാചാര്യർ പരാമർശിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല ഇത്തരം ഭാഗങ്ങൾ എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം അല്ലാതെ അങ്ങനെ കുണ്ടലിനി വളർന്നും എന്നൊന്നുമല്ല പറയുന്നത് പക്ഷെ നമ്മൾ ഈ അദ്വൈത ഭാഷ്യം ചർച്ച ചെയ്യുമ്പോൾ അതും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അവിടെ കുണ്ടിക്ക് പ്രത്യേക സ്ഥാനമൊന്നുമില്ല അതും പലരും അദ്വൈതം തന്നെ പ്രസംഗിക്കുന്ന പലരും അങ്ങനെ പറഞ്ഞും പ്രസംഗിച്ചും ഞാനും കേട്ടിട്ടുണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവസാനം കുണ്ടലിനി വളർന്നാലേ മോശം കിട്ടത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഭാഷ്യങ്ങളിലൊന്നും പരാമർശിക്കാത്ത സ്പർശിക്കാത്ത ഒരു വിഷയമാണ് അവിടെ മോക്ഷത്തിന് ഉപായമായി പറഞ്ഞിരിക്കുന്നത് തത്വജ്ഞാനമാണ് ആത്മബോധമാണ് അതിന് ഇവിടെ പറയുന്നിടത്ത് പോലും അങ്ങനെ ഒരു കുണ്ടന്നയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിവിടെ വരേണ്ടത് കാരണം ഇവിടെ സുഷുമിനാ നാടിയെ കുറിച്ച് പറയുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ ഭാഷകളിലൊന്നും അങ്ങനൊരു ശബ്ദമേ പറയുന്നില്ല അതുകൊണ്ട് അത് ഭാഷകാരൻ മാത്രമല്ല യോഗത്തിൻ്റെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായിരിക്കുന്ന യോഗസൂത്രങ്ങളിലും പതഞ്ജലി യോഗസൂത്രങ്ങളിലും ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പലയിടത്തും അത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പതഞ്ജലി ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അത് പിൽക്കാലത്ത് ആചാര്യന്മാർ ഏതോ ആചാര്യന്മാർ അവരുടെ അനുഭവത്തിൽ നിന്നും ആവിഷ്കരിച്ച ഒരു ഉപാസന രീതിയാണ് പക്ഷെ അതാണ് പരമാർത്ഥം അതാണ് സർവപ്രധാനം എന്നുള്ള രീതിയിലൊരു ധാരണ എങ്ങനെയോ പിൽക്കാലത്ത് വന്നുപോയി അതാണ് അതിന് ഇത്രയും വലിയ പ്രാധാന്യം വരാൻ കാരണം പക്ഷെ അത് ഇവരാരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് അതിനെ കൊണ്ടെത്തി ഏ മോക്ഷം കിട്ടും എന്നുള്ള വാശിയും അതിനു വേണ്ടിയുള്ള പരിശ്രമവും അത് പ്രാമാണികമല്ല അങ്ങനെ ഒരാൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം പക്ഷെ അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ല എന്നുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ ഹൃദയഭാഗത്ത് നിന്നും സുഷമിനാടി പുറപ്പെടുന്നുണ്ട് അതിലൂടെ മുളാവിലൂടെ അവിടെയും മൃദാവിനെ കുറിച്ച് പറയുന്നിടത്ത് സഹസ്രാര പത്മത്തെ കുറിച്ചൊന്നും പറയുന്നില്ല അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം പിൽക്കാലത്ത് ഓരോ ഉപാസനാ പദ്ധതികൾ ഓരോരുത്തർ ആവിഷ്കരിച്ച് വന്നതാണ് അല്ലെങ്കിൽ ഇതിനോട് ബന്ധമില്ലാതെ ഇതിന് സമാന്തരമായി തന്നെ മറ്റേതെങ്കിലും ഉപാസനാരീതികൾ പുരാതന കാലം മുതലെ നിലനിന്നിരിക്കാം അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ അധികാരി ഭേദമനുസരിച്ച് ഓരോ ആചാര്യന്മാർ ഓരോ സമയത്ത് ആവിഷ്കരിച്ചിട്ടുള്ള ഉപാസനാ രീതികളാണ് പിന്നെ പരസ്പരം കൂട്ടിക്കൊഴിക്കരുത് ഇതെല്ലാം പരസ്പരം കൂട്ടിക്കുഴച്ച് ധരിക്കാതിരിക്കുക ഇതെല്ലാം വിഭിന്ന ഉപാസന രീതികളാണ് എന്ന് മനസ്സിലാക്കും അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതിനും അപാകതയൊന്നുമില്ല ഹൃദയത്തിൽ നിന്നും സുഷിനെ പുറപ്പെടുന്നു എന്നും ഇവിടെ ഭാഷ്യത്തിൽ ഇതില്ല പക്ഷെ അത് ഞാൻ പ്രത്യേകം കാരണം ഇതിൻ്റെ തന്നെ തന്നെ വ്യാഖ്യാനത്തിൽ ഭാഷയത്തിലൊന്നും പരാമർശിക്കാത്ത ഭാഷയത്തിലോ ഭാഷ പ്രധാനമായ വ്യാഖ്യാനങ്ങളിലോ പരാമർശിക്കാത്ത കുണ്ടന്നിയും സഹസ്രാരവും ഷടാധാരങ്ങളും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിക്കുറച്ചിട്ടുണ്ട് ചില വ്യാഖ്യാതാക്കൾ പക്ഷെ അത് അദ്വൈത മതമനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല ഒരാൾക്ക് സ്വതന്ത്രമായി അങ്ങനെ വ്യാഖ്യാനിക്കുക പക്ഷെ അദ്വൈതമ സിദ്ധാന്തമനുസരിച്ച് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല ഇതാനും സർവവല്യർത്ഥ ഉപസംഹാരാർത്ഥം ആഹ അടുത്ത് സർവവല്യർത്ഥം ഇതുവരെയുള്ള എല്ലാ വല്ലുകളുടെയും അധ്യായങ്ങളുടെയും താൽപ്പര്യത്തെ പറഞ്ഞ അവസാനിപ്പിക്കുന്നതിന് ഉപസംഹരിക്കുന്നതിന് വേണ്ടി അടുത്ത് പറയുന്നു എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് പതി മന്ത്രം ീ മന്ത്രം നോക്കുക ഹൃദയ ഹൃദയത്തിന്റെ ആണ് ശതം ച ഏകാച്ച എന്നൊരു നൂറ്റി ഒന്ന് ൂർധാനംസൃത മൂർധാവിനെ പിളർന്നു പോകുന്നു എന്നാണ് അഭിനശ്രത അതിനെ പിളർന്നു പോകുന്നതാണ് വെച്ചാൽ മൂർധാവുഴി പുറത്തേക്ക് തുടർന്നിരിക്കുന്ന മൂർധാനം അഭിനശ്രത ഊർധ്വം ആയൻ അമൃതത്വം ഏതി എന്നാണ് അവിടെ പിരിക്കേണ്ടത് തയാ ഊർധ്വം ആയൻ അമൃതത്വം ഏതി തയാ എന്നുവെച്ചാൽ നാട്യ ആ നാടിയിലൂടെ ഊർധ്വം ആയൻ ഊർധം മുകളിലേക്ക് സഞ്ചരിക്കുന്നവൻ സഞ്ചരിക്കുന്ന ജീവൻ അമൃതത്വം മോക്ഷത്തെ ഏതി പ്രാപിക്കുന്നു ഏതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു മോക്ഷത്തെ അന്യ അന്യ നാട്യ മറ്റു നാടികൾ വിശ്വം നാനാ ഗീതി ഉള്ളതാണ് അവക്രമണേ ഭവന്തി ജീവന്റെ ഉത്ക്രമണത്തിന് ഉതകുന്നു ജീവൻ ഈ ശരീരം വിട്ടു മാർഗങ്ങളായിരിക്കുന്നു അടുത്ത ഉപസംഹാര മന്ത്രമാണ് പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അങ്കുഷ്ടമാത്ര ഒരു സൃദയ സം രീരാശി തംര്യേണു തം വിദ്യുക്രം അമൃതമ അങ്കുഷ്ടമാത്ര പുരുഷവും അന്തരാത്മാ മുമ്പും ഇത് വന്നിട്ടുള്ളതാണ് അങ്കുഷ്ടമാത്രനായിരിക്കുന്ന പുരുഷൻ മാത്ര എന്നുവച്ച ആളവ് പിരുവിരളിന്റെ വലിപ്പമുള്ള പുരുഷൻ ആത്മാവ് അന്തരാത്മ മുമ്പ് വന്നിട്ടുള്ളപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആത്മാവിന് ഒരളവ് പറയുന്നുരളിന്റെ വലുപ്പമുണ്ടെന്ന് അത് ആരോഗ്യത്തിൽ ധ്യാനിക്കുന്നതിന് വേണ്ടി പറയുകയാണ് അതായത് ആത്മാവിനത്രയും ഒരളവുണ്ട് ഒരു വസ്തുവാണ് എന്നുള്ള അർത്ഥത്തില്ല ആത്മാവ് ഒരു പദാർത്ഥമല്ല പദാർത്ഥത്തിൽ മാത്രമേ അളവിരിക്കത്തുള്ളൂ പരിമാണം അളവ് ഹ്രസ്വം ദീർഘം അണു മഹത് എന്നെല്ലാം പറയുന്നതാണ് പരിമാണം അത് വസ്തുക്കളിലേ ഇരിക്കും പദാർത്ഥത്തിലേ ഇരിക്കൂ അതൊരു ഗുണമാണ് ആത്മാവ് ഒരു പദാർത്ഥമല്ല അതുകൊണ്ട് അതിൽ ഗുണങ്ങളില്ല എന്നാലും അത് കല്പിക്കുകയാണ് എന്തിനു വേണ്ടി രൂപത്തെ കൽപ്പിക്കുന്നു ഭാവന ചെയ്യുന്നതിന് വേണ്ടി അതിനുവേണ്ടി പറയുകയാണ് ആ പുരുഷൻ അങ്കുഷ്ടമാത്രനായി പെരുവിരളിന്റെ വലുപ്പത്തിൽ അന്തരാത്മാവ് സദാ എപ്പോഴും ജനാനാം സംബന്ധിനി ഹൃദയെ സർവപ്രാണികളുടെയും ജനം എന്ന് പറഞ്ഞ പ്രാണി ജനിക്കുന്നത് സർവപ്രാണികളുടെയും ഹൃദയെ സന്നിവിഷ്ടഥാ വ്യാഖ്യാത ഇതെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ചു കഴിഞ്ഞതാണ് നമ്മുടെ ഹൃദയ ദേശത്തിൽ അത് സ്ഥിതി അരൂപമാണെങ്കിലും അതിനെ ഭാവന ചെയ്യണം ധ്യാനിക്കണം അതിനുവേണ്ടി ഒരളവ് പറഞ്ഞിരിക്കണം അങ്കുഷ്ട്രോ അന്തരാ അതിന് ആത്മീയാ അതിന് സ്വശരീരത്തിൽ നിന്നും ഉപാസകൻ ധ്യാനിക്കുന്നിടത്തും പറയുന്നു അതിന് ഹൃദയത്തിൽ സുഷമിനാഡിയുടെ ദ്വാരത്തിൽ പ്രകാശരൂപത്തിൽ ജ്വാലയായി ധ്യാനിക്കാൻ പറയുന്നു അപ്പൊ പ്രകാശം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലുപ്പം പെരുവിരളിൻ്റെ വലുപ്പത്തിലുള്ള പ്രകാശം അതിനെ ധ്യാനിക്കുക ആത്മീയാ ശരീര ഈ ശരീരത്തിൽ നിന്നും നിഷ്കർഷേ പൃഥക് കുരിയാ വേർതിരിക്കുക അതിന് പ്ര വൃഹേ എന്ന് പറഞ്ഞ വേർതിരിക്കുക അത് ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിനും വേർതിരിക്കുന്നത് പോലെ നിസ്സാരമായി ചെയ്യേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ടാണ് അതിന് രണ്ടു മൂന്ന് പദങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നിഷ്കർഷയിൽ വളരെ സൂക്ഷ്മമായി അതിന് ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കേണ്ടതാണ് പൃഥക്വിദ്യ വളരെ ശ്രദ്ധയോടുകൂടി ഈ ശരീരത്തിൽ നിന്നും ആത്മാവിനെ ഉയർത്തിരിക്കണം അത് ഉപാസനയിലായാൽ തത്വജ്ഞാനത്തിലായാൽ വളരെ നിഷ്കർഷയോടുകൂടി ശരീരത്തിൽ നിന്നും അതിനെ പൃഥക്തിരിക്കണം പൃഥക്വിക്കുക കിമ ഏതുപോലെ അത് പറയുന്നു എന്താണ് ഇവീകാം അന്തസ്ഥാം ഇഷീകാം പുല്ല് പുൽക്കൊടി ആ പുൽക്കൊടിയിൽ നിന്നും അന്തസ്ഥ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നാമ്പ് നാമ്പെന്ന് പറയും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ ഏറ്റവും മൃദുലമായ ഭാഗം അതിന്റെ ഇളം കോമ്പ് അതിനെങ്ങനെയാണോ പൊട്ടാതെ അവന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് അവന് പൊതിഞ്ഞിരിക്കുന്ന ഇലകളെയെല്ലാം അടർത്തി മാറ്റി സൂക്ഷ്മമായിട്ട് അതിനെ വേർതിരിച്ചെടുക്കുന്നു അത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും അതുപോലെ ഈ ശരീരത്തിൽ ഈ ശരീരത്തോട് പൂർണമായും താതാല്മ്യപ്പെട്ടു എന്നാൽ അത്യധികം സൂക്ഷ്മമായിരിക്കുന്ന ഈ ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുക അത് ധൈര്യേണ വളരെ ധൈര്യത്തോടുകൂടി അപ്രമാദേന യാതൊരു വീഴ്ചയും പറ്റാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രമാദം എന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ നാമ്പിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും അനുഭവിച്ചെടുക്കാൻ പ്രയാസമാണ് കാരണം അത് മറ്റു ഭാഗങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് മറ്റുള്ളതിനോട് ചേർന്നിരിക്കുന്നതാണ് അതുപോലെ ഇത് ശരീരത്തോട് പൂർണ്ണമായും താതാത്മ്യപ്പെട്ട് മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇതിനോടെല്ലാം താഥമ്യപ്പെട്ടു ഇതിൻ്റെ എല്ലാം ആശ്രയമായിരിക്കുന്ന അതി സൂക്ഷ്മമായ വസ്തുവാണ് അതിന് അപ്രമാദേന അപ്രമാദം ഒന്നും സംഭവിക്കാതെ അതിനെ തെറ്റായി ധരിക്കാതെ അജ്ഞാനം സംശയ വിപര്യ ദോഷങ്ങളൊന്നും കൂടാതെ ആത്മാവിനെ സംബന്ധിച്ച് എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും അറിയാൻ ശ്രമിച്ചാലും എല്ലാം കടന്നു വരുന്നത് ഈ മൂന്ന് ദോഷങ്ങളാണ് അജ്ഞാനം സംശയം വിപരി ഒന്നും അതിനെ അറിയാതിരിക്കുക മറ്റൊന്നായി അറിയുക ഭ്രമിച്ചു പോവുക ഇതെല്ലാം സംഭവിക്കുക ഇതൊന്നും കൂടാതെ ഇതാണ് വരുന്ന പ്രമാദങ്ങൾ ആത്മാവിനെ സംബന്ധിച്ച് വരുന്ന പ്രമാദങ്ങൾ ഇതൊക്കെയാണ് അജ്ഞാന സംശയവിരിയാണ് ഇതൊന്നും കൂടാതെ അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ സൂക്ഷ്മമായി മനനം ചെയ്ത് ഏകാഗ്രമായ ധ്യാനത്തിലൂടെ അതിനെ സാക്ഷാത്കരിച്ച് തം ശരീരാ നിഷ്കൃഷ്ടം ചിന്മാത്രം വിദ്യ വിജാന ശുക്രം അമൃതം യഥോക്തം ബ്രഹ്മേരി ആ ശരീരത്തിൽ നിന്ന് അതിന് നിഷ്കൃഷ്ടം എന്നുവച്ചാൽ നിഷ്കർഷിച്ച് യാതൊരു തരത്തിലുള്ള പോരായ്മകളും കൂടാതെ അതിൻ്റെ പൂർണതയിൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കണം ചിന്മാത്രം അത് കേവലമായ ചിത്താണ് ചിദേവ് മാത്രം ചിദേവ് ചിത്ത് മാത്രമാണ് കേവലമായ ബോധസ്വരൂപമാണ് അത് ശുദ്ധമായ ജ്ഞാനസ്വരൂപമാണ് ചിത്ത് ജ്ഞാനം എന്ന് വിദ്യ വിജാനിയ എന്ന് വെച്ചാൽ ഈ ജഡവുമായിട്ട് ജഡരീരവുമായിട്ട് അതിന് യാതൊരു സംബന്ധമുണ്ടാകാണ് അതുകൊണ്ടാണ് അതിന് ചിത്ത് ബോധം എന്ന് പറയുന്നത് അതിന് വിപരീതമാണ് അചിത്ത് ജഡം അപ്പൊ ജഡത്തിൽ നിന്നും ആ ചിത്തിനെ ജഡത്തിൽ നിന്നും ചൈതന്യത്തെ വേർതിരിച്ചെടുക്കുക ചൈതന്യമായിട്ട് തന്നെ അറിയുക വിചാരിക ശരീരത്തോട് താതാന്യപ്പെട്ടിരുന്നു ആത്മാവിനെ ചിന്തിക്കുമ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള ജഡ അനുഭവമാണുള്ളത് ജഡവുമായി ബന്ധപ്പെട്ടാണ് ആത്മാവിനെ അറിയുന്നത് ശരീരം ഇന്ദ്രിയ മനസ്സ് ബുദ്ധി തുടങ്ങിയ ജഡവസ്തുക്കളുമായി താതാന്യപ്പെട്ട് ആത്മാവിനെയാണ് അറിയുന്നത് അങ്ങനെയല്ല അതിനറിയേണ്ടത് അതിന് മാത്രമായി അറിയുക വിദ്യ വിജാനീയ അതെന്താണ് ശുക്രം അത് ശുദ്ധമാണ് ഈ ശരീരവുമായി ഈ ശരീരത്തിൻ്റെ ഗുളിസ്ഥിതി ചെയ്യുന്ന അതിന്റെ വികാര വിചാരങ്ങൾ സുഖദുഃഖങ്ങൾ ഇതുമായിട്ടൊന്നും യാതൊരു സംബന്ധവുമില്ല പരമപരിശുദ്ധമായ ശുക്രം സമൃദ്ധം നാശമില്ലാത്തതാണ് യഥോക്തം ബ്രഹ്മം അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ബ്രഹ്മം എന്ന് അതിനെ അറിഞ്ഞു കേടുതിരിക്കുക ഇതിന് തം വിദ്യ ശുക്രം അമൃതം എന്നതിനെ അറിയുക എന്നതിനെ സാക്ഷാത്കരിക്കുക വീണ്ടും അത് മന്ത്രത്തിൽ ഒരു പറഞ്ഞു തം വിദ്യ ശുക്രം അമൃതം ഇതി ധ്രുവചനം ഉപനിഷത് പരിസമാപ്തി അത് ഉപനിഷ് പരിസമാപിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതി ശബ്ദസ്റ്റ് ഈ പറഞ്ഞു വരുന്ന പ്രകടനവും അവസാനിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതി എന്ന് കൂടി പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഉപനിഷത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം അതിനെ പൂർണമായി അതിന്റെ മാർഗം അതിന്റെ ഫലം എല്ലാം വിശദമായി ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുന്നു ബ്രഹ്മദേവന്റെ ഉപദേശം അവസാനിച്ച് തന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് രണ്ടു തവണ ആവർത്തിച്ചിരിക്കുന്നത് എന്നാണ് ആ പരമാത്മാവിന് ഹൃദയാന് സ്ഥിതനായിരിക്കുന്ന ആ പരമാത്മാവിന് എങ്ങനെ സൂക്ഷ്മമായി ധ്യാനിക്കണം എന്നുള്ളതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്നാലും അതിന് ഒരിക്കൽ കൂടി പ്രാകൃത ബുദ്ധിക്ക് വ്യക്തമാകുന്നതിനു വേണ്ടി ഒന്നുകൂടിയാണ് പറഞ്ഞ് അതിന്റെ സൂക്ഷ്മതയെ ഒന്നുകൂടി കാണിച്ചുകൊണ്ടാണ് ഈ മന്ത്രം കൂടെ അവസാനിപ്പിച്ചിരിക്കുന്നത് മന്ത്രത്തിൽ അങ്കുഷ്ടമാത്ര പുരുഷ അങ്കുഷ്ടമാത്രനായ പെരുവരൽ വലിപ്പത്തിനുള്ള പുരുഷൻ അത് സദാ എപ്പോഴും ജനാന പ്രാണികളുടെ ഹൃദയ ഹൃദയത്തിൽ അന്ധകരണത്തിൽ സന്നിവിഷ്ടം ത്മാവിന് സ്വാരീരാത് പ്രിക്കേണ്ടത് സ്വാത്ത് സ്വന്തം ശരീരാത് ശരീരത്തിൽ നിന്നും പ്രവൃഹയെ വേർതിരിക്കണം എങ്ങനെ പ്രമാദം സംഭവിക്കാതെ വീഴ്ചകൾ പറ്റാതെ വേർതിരിക്കണം ഏതുപോലെ പുല്ലിൽ നിന്നും അതിൻ്റെ നാമ്പിനെ വേറുപെടുത്തുന്നത് പോലെ ും അതിന്റെ നാമ്പിനെടുത്തുന്നത് പോലെ തം ആത്മാവിനെ ശുക്രം അമൃതം വിദ്യ ശുദ്ധവും നാശമില്ലാത്തതുമായി അറിയുക ശരീരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത് ശുക്രം അമൃതമാണ് ശരീരം അശുദ്ധമാണ് നശിക്കുന്നതാണ് ആത്മാവ് അങ്ങനെയല്ല നശിക്കാത്തതാണ് കാരണം മരണത്തിൻ്റെ സന്ദർഭത്തിലാണ് നഗീതസിന്റെ ചോദ്യം മരണത്തെ സംബന്ധിച്ചാണ് യമദേവനോടാണ് ചോദിക്കുന്നത് മരണശേഷം എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം അതുകൊണ്ട് പറയുന്നു മരണം അത് ശരീരത്തിനാണ് അത് നശിക്കുന്നതാണ് അശുദ്ധമാണ് മരണത്തിൽ ആത്മാവിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല അതെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നഗീതന്റെ ആദ്യത്തെ ചോദ്യത്തിന് അവസാനം വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത് അടുത്ത മന്ത്രം ഉപസംഹാരമായിട്ട് പറയുകയാണ് അങ്കുഷ്ടമാത്ര പുരുഷോന്തരാത്മാ സദാജനാനം ഹൃദയസന്നിവിഷ്ട ഖ്യയകസം അധുന ഉച്ച വിദ്യാസ്തുത്യർ ഇവിടെ പറഞ്ഞാത്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി ശ്രോതാവിന് ആ വിദ്യയിൽ അഭിരുചി വേണ്ടി അതിനെ സ്തുതിക്കുകയാണ് അതിന്റെ മഹത്വത്തെ പറയുകയാണ് വിദ്യാസ്തുത്യർത്ഥം അയം ആഖ്യായികാർത്ഥം ഉപസംഹ ഈ ആഖ്യായികയുടെ ഉപസംഹരിക്കാൻ വേണ്ടി അതിനാവു ഇനി പറയുകയാണ് ശ്രുതിപരെണ മൃത്യു പ്രോക്തം നചിക് അധലധ്വാ വിം എം യോഗ വിധി ജനം ബ്രഹ്മപ്രാതോ വിരജോ ഭൂ വിമൃത്യു യോ വിദധ്യാത്മമേവ മൃത്യു പ്രോക്തം മൃത്യുദേവൻ ഉപദേശിച്ചത് യഥോക്താം ഇതുവരെ പറഞ്ഞത് ഏതാം ബ്രഹ്മവിദ്യ ഇവിടെ പറഞ്ഞ ഇതാണ് ബ്രഹ്മവിദ്യ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അറിവ് ബ്രഹ്മവിദ്യ യോഗവിധി കൃഷ്ണം യോഗവിധി കൃഷ്ണമായ യോഗവിധി യോഗത്തെ കുറിച്ചും ഇവിടെ പറഞ്ഞു അതും ആത്മവിദ്യയെക്കുറിച്ചും പറഞ്ഞു ണം സഫലം എത്തിയത് കൃഷ്ണം പൂർണമായി എന്നുവെച്ചാൽ സമസ്തമായി സ്വോപകരണം അതിന്റെ കരണങ്ങളോടുകൂടി ഉപകരണങ്ങളോടുകൂടി അതിന്റെ സാധനങ്ങളോടുകൂടി സഫലം ഫലത്തോടുകൂടി ഫലത്തെയും പറഞ്ഞു തത്വജ്ഞാനത്തിന്റെ ഫലമായ സദ്യോഗമുക്തി ഉപാസനയുടെ ഫലമായ ക്രമമുക്തി അതാണ് സ്വോപകരണം സഫലം അഗ്നിവിദ്യ ജ്ഞാനകർമ്മ സമുച്ചയരൂപത്തിൽ ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കേണ്ടതായ അഗ്നിവിദ്യ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞായിട്ട് മുമ്പ് സൂചിപ്പിച്ചിരുന്നു ശ്രീധരനെ സോപകരണ സഫലം അതിൻ്റെ സാധനമാർഗങ്ങളും ഫലവും ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് നചികേത വരപ്രധാന മൃത്യോ ഈ കാര്യങ്ങളെല്ലാം നജികേത നജികേതസ് വരപ്രദാന മൃത്യദേവന്റെ വരദാനത്തിലൂടെ മൃത്യോഹോ ലബ്ധ മൃത്യദേവൻ നേടി പ്രാപിച്ചു മൃത്യദേവൻ നജികേം ബ്രഹ്മപ്രാപ്തോ അഭൂ പ്രാപിച്ചിട്ട് എന്ത് സംഭവിച്ചു ഇതെല്ലാം മൃത്യദേവനിൽ നിന്ന് നേടിയിട്ട് ബ്രഹ്മപ്രാപ്തോ അഭൂ മുക്ത മുക്തനായി തീർന്നു നജികേസം മുക്തനായി തീർന്നു നജീതന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ആത്മലാഭം നേടി കഥം എങ്ങനെ വിദ്യാപ്രാപ്തിയ ഈ വിദ്യയെ പ്രാപിച്ചിട്ട് ഈ അറിവിനെ നേടിയിട്ട് ബ്രഹ്മവിദ്യയെ നേടിയിട്ട് നജികേസും മുക്തനായി തീർന്നു നജീതീസിനുണ്ടായ ഫലം അതാണ് മുക്തി അതുകൊണ്ട് ശ്രുതി പറയുകയാണ് വിദ്യാപ്രാപ്തിയ വിരജ ർമാധർമ്മർമാധർമ്മെല്ലാം തീർന്നവനായി പുണ്യപാപങ്ങളെല്ലാം നശിച്ചവനായി ധർമാധർമ്മങ്ങളെ അതിക്രമിച്ച വിഗതധർമാധർമുക്തനായിത്തീർന്നു വിമൃത്യു വിഗത കാമാവിദ്യ വിമൃത്യു അവന് വ്യാഖ്യാനിക്കുകയാണ് വികത കാമാവിദ്യ കാമ കർമ്മ വിദ്യകളെല്ലാം നശിച്ചവനായി അതെല്ലാം നശിച്ച് ധർമാധർമ്മങ്ങളെല്ലാം നശിച്ച് വിദ്യാപ്രാപ്തിയിലൂടെ മോക്ഷത്തെ നേടി വിരജോ അഭൂത് വിമൃത്യു അങ്ങനെ രണ്ടിനെയും വ്യാഖ്യാനിച്ചാണ് വിരജൻ എന്നുവെച്ചാൽ പുണ്യപാപങ്ങളെ അതിക്രമിച്ചു രജസ് ഇവിടെ പുണ്യപാപങ്ങളാണ് അതിനെ അതിക്രമിച്ചു പിന്നെ വിമൃത്യു എന്ന് പറഞ്ഞു െല്ലാം നശിപ്പിച്ചുകൊണ്ടു അതെല്ലാം നശിച്ചാലേ മോക്ഷം നേടത്തുള്ളൂ അക്കാമകർമ്മങ്ങളെല്ലാം നശിച്ച് മുക്തനായി തീർന്നു എന്നാ കേവലം നചികേതുന്നു കേവലം നജികേസിനു വേണ്ടി മാത്രമല്ല നജികേസ് മാത്രമല്ല ഇതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നത് അന്യോപി നചികേത അധ്യാത്മമേവ നിരുപചരിതം പ്രത്യക്ഷസ്വരൂപം പ്രാപ്യ തഭിപ്രായൂപം അപ്രത്യൂപം നജികേശ്രീവിദ്യ പ്രാപിച്ചിട്ട് മോക്ഷം നേടി ബ്രഹ്മപ്രാപ്തോ വിരജോ അഭൂത് വിമൃത്യു എന്ന് പറഞ്ഞിട്ട് അന്യോപ്യവം യോ വിധി ആത്മമേവ യോ വിദധി ആത്മമേവ അതാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത് അന്യോപി നജി കേജികേതസ്സിനെ പോലെ മറ്റുള്ളവരും ആരാണ് ആത്മവിത്ത് ഈ ആത്മാവിനെ അറിയുന്നവൻ നജികേതസ്സിനെ പോലെ ഈ ആത്മാവിനെ അറിയുന്നവൻ എന്തായിത്തീരുന്നു ആത്മാവായി തീരുന്നു എന്നാണ് അധ്യാത്മമേവ അധ്യാത്മം ആത്മനിഷ്ഠ ആത്മസ്വരൂപമായി തീരുന്നു എങ്ങനെ ഇന്നൊരുപചരിതം മുഖ്യം ഉപചരിതമല്ലാത്ത മുഖ്യമായ ആത്മാവിനെ തന്നെ പ്രാപിക്കുന്നു എന്താണത് മുഖ്യമായ ആത്മാവെന്ന് പറയുന്നത് ബ്രഹ്മലോകവും മറ്റുമല്ല പ്രത്യേക സ്വരൂപം തൻ്റെ തന്നെ പ്രത്യേകമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന സർവാധാരമായിരിക്കുന്ന അല്ലെങ്കിൽ അധിഷ്ഠാനമായിരിക്കുന്ന പ്രത്യേക ശബ്ദത്തിന്റെ അർത്ഥം ആന്തരികം അധിഷ്ഠാനം തൻ്റെ തന്നെ ആന്തരികമായിരിക്കുന്ന സ്വരൂപത്തെ സ്വസ്വരൂപത്തെ പ്രാപ്യ പ്രാപിച്ചിട്ട് തത്വമേവ അത് തന്നെ ആയിത്തീരുന്നു പിന്നീട് അവിടെ ഉത്കർമ്മണം ഗമനം ഒന്നും സംഭവിക്കുന്നില്ലതാണ് തത്വമേവ ആത്മാവായി തന്നെ തീരുന്നു ഇത്യഭിപ്രായം അതാണ് ഇതിന്റെ താല്പര്യം മറ്റുള്ളവരും ഇതിനെ ഇപ്രകാരം അറിയുന്നവർ അധ്യാത്മമേവ യോ വി അധ്യാത്മമേവ എന്നാണ് മറ്റുള്ളവരും ആരാണോ ഇതിനെ ഇങ്ങനെ അറിയുന്നതാണ് ആത്മവിത്ത് പറഞ്ഞു യോ വിത്ത് ആത്മവിത്ത് വിത്ത് ഭാഷകാരൻ്റെ അർത്ഥം പറഞ്ഞു ആത്മവിത്ത് അധ്യാത്മമേവ അധ്യാത്മം എന്നുള്ളതിനാണ് പറഞ്ഞത് നിരുപരി നിരുപചരിതം പ്രതി സ്വരൂപം ആണ് അന്യോപ്യവും യോ വിധ്യാത്മമേവ മറ്റുള്ളവരും ആരാണോ ഇതിന് ശരിയായി അറിയുന്നത് വിത്ത് റിയുന്നവൻ ആത്മ സ്വരൂപത്തെ തന്നെ പ്രാപിക്കുന്നു തധ്യാത്മം ഉക്തപ്രകാരേണി ഈ പറഞ്ഞ രീതിയിൽ യഥാർത്ഥമായി ആരാണോ ഇതിനെ അറിയുന്നത് അതിന് ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞു വിത്ത് അതിന് ഭാഷകാരം പറയുന്നു ഇപ്രകാരം അറിയുന്നവൻ അവൻ എന്ത് ചെയ്യുന്നു അധ്യാത്മമേവ നിരുപ നിരുപചരിതമായ ആത്മസ്വരൂപത്തെ തന്നെ പ്രാപിക്കുന്നു സോഫി മറ്റുള്ളവനും വിരജഹസൻ വിരജനായി നേരത്തെ പറഞ്ഞതുപോലെ ധർമാധർമ്മൾക്ക് പുണ്യപാപങ്ങൾക്കെല്ലാം ഉപരിയായി ബ്രഹ്മപ്രാപ്തിയ ആ പരമാത്മാവിനെ പ്രാപിച്ച് വിമൃത്യുഭവതി വിമൃത്യുമായി തീരുന്നു വിധിവാക്യശേഷ എന്നവിടെ കൂട്ടിച്ചേർക്കണം അത്രയും മന്ത്രത്തിൽ മൃത്യുപ്രോക്ത മൃത്യുദേവനാൽ ഉപദേശിക്കപ്പെട്ട ഈ വിദ്യയെ നചികേത നചികേതസ് ലബ്ധ നേടിയിട്ട് കഥ തുടർന്ന് കൃഷ്ണം പൂർണ്ണമായ ഏതാം വിദ്യം ഈ വിദ്യയെയും യോഗവിധി യോഗവിധിയെയും ലബ്ധ നേടിയിട്ട് ബ്രഹ്മപ്രാപ്ത ബ്രഹ്മത്തെ പ്രാപിച്ച് വിരജർമാധർമ്മങ്ങളെ അതിക്രമിച്ച് വിമൃത്യുഹു മോക്ഷത്തെ അഭൂത് പ്രാപിച്ചു വിരജ അഭൂത് വിമൃത്യുഹു വിരജ വിമൃത്യു അഭൂ എന്നാണ് അന്യഹാവി മറ്റുള്ളവരും യഹ എവം വിത് യഹ ഏതൊരുവനാണോ ഏവം വിത്ത് ഇപ്രകാരം അറിയുന്നത് അധ്യാത്മമേവ ആത്മസ്വരൂപം തന്നെയായിത്തീരുന്നു ആത്മസ്വരൂപം തന്നെ ആയിത്തീരുന്നു അന്യോപി മറ്റുള്ളവരും ഏതൊരുവനാണോ അറിയുന്നത് അധ്യാത്മമേവ ആത്മസ്വരൂപം തന്നെ ആയിത്തീരുന്നു എന്നാ മൃത്യുപ്രോക്താം നോ വിദയാം എം യോഗ വിധിം ബ്രഹ്മ പ്രാപോ വിരജോ ഭൂവിമൃത്യു അന്യോം യോ വിദ്യാത്മമേവിഷ്യചാര്യോ പ്രമാദന വിദ്യഗ്രഹണ പ്രതിപാദന നിമ ദോഷപ്രശമനാർഥാന്തി ഉച്ച ശിഷ്യാചാര്യോ ശിഷ്യന്റെയും ആചാര്യന്റെയും രണ്ടുപേരും പരസ്പരം പ്രമാദകൃത അന്യായേന രണ്ടുപേരും എന്തെങ്കിലും പ്രമാദം കൊണ്ട് വീഴ്ചകൾ കൊണ്ട് വരുന്ന അന്യായങ്ങൾ എന്തെങ്കിലും അബദ്ധം പറ്റി വിദ്യഗ്രഹണ പ്രതിപാദന നിമിത്തം വിദ്യയുടെ ഗ്രഹണത്തിനും അതിന്റെ പ്രതിപാദനത്തിനും വരുന്ന അത് നിമിത്തമായി വരുന്ന ദോഷങ്ങൾ ആ ദോഷങ്ങളെ പ്രശമനാർത്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എം ശാന്തി ഉച്ച ആചാര്യൻ ഉപദേശിക്കുന്നു ശേഷൻ ശ്രമിക്കുന്നു വെൽ പ്രമാദം വീഴ്ച എവിടെയും വരാ അത് അത് ഗ്രഹിക്കുന്നതിനും പ്രതിപാദനത്തിനും ശിഷ്യൻ ഗ്രഹിക്കുന്നതിൽ പ്രമാദം വരാം ആചാര്യൻ പറയുന്നതിന് പ്രതിപാദനം ചെയ്യുന്നിടത്തും പ്രമാദങ്ങൾ വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ കാരണം ഇത് ശരീരം മനസ്സ് ബുദ്ധി തുടങ്ങിയ കാരണങ്ങളിലൂടെയാണ് വിദ്യ ഗ്രഹിക്കുന്നതും പ്രതിപാദനം ചെയ്യും സ്വാഭാവികമായിട്ടും വീഴ്ചകൾ ഇതെല്ലാം അപൂർണങ്ങളാണ് ണങ്ങളൊന്നും പൂർണമല്ല അപ്പോൾ ആ കർണത്തിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങളിലും പ്രമാദങ്ങൾ വീഴ്ചകൾ സംഭവിക്കാം ഗ്രഹിക്കുന്ന പറയാം പ്രതിപാദനത്തിൽ വരാം അതൊക്കെ സ്വാഭാവികമാണ് അത് ജീവൻ നിന്നും ആ പരിമിതികളിൽ നിന്നും മുക്തനാകാൻ കഴിയത്തില്ല ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ ഉള്ള വീഴ്ചകളില്ലാത്ത പൂർണമായ വിദ്യാഗ്രഹണവും പ്രതിപാദനവും ഒരിടത്തും ഉണ്ടാകത്തില്ല അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കറിയാം അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ പ്രശമനാർത്ഥം ആ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇയം ശാന്തി അടുത്ത് ശാന്തി കൂടി പറയുന്നു അതാണ് തുടക്കത്തിൽ ഒടുവിൽ ശാന്തി പറയുന്നത് അപ്പോൾ അടുത്ത മന്ത്രം ഓം സഹനാഭവതു സഹനൗഭുനത്തു സഹ വീര്യ കരവാഹൈ തേജസ്വിനധീതമസ്തു മാ വിദ്യുഷാവഹന്തിന്തിഹനൗ ആം അവതോ സഹ നൌ അവ എന്നാണ് പദം പിരിക്കഹ അവ നൗ അതിന്റെ അർത്ഥി ആവാം ഞങ്ങ രണ്ടുപേരേയും സഹ ഒരുമിച്ച് ഒരുപോലെ രണ്ടുപേരെന്നു പറയുന്നത് ശിഷ്യനും ആചാര്യനും രണ്ടുപേരെയും അവതു പാലയതു പാലയ്ക്കൂ ആചാര്യനെയും ശിഷ്യനെയും പാലിക്കൂ എന്നാണ് രണ്ടുപേർക്കും വീഴ്ചകൾ പറ്റാം ആരും പൂർണ്ണരല്ല അതുകൊണ്ട് പറയുന്നു രണ്ടുപേരെയും പാലിക്കൂ എങ്ങനെ പാലിക്കുക എന്ന് പറഞ്ഞെന്താണ് വിദ്യാസ്വരൂപ പ്രകാശന ഇവിടെ ശിഷ്യൻ ശ്രവിക്കുന്നതും ആചാര്യൻ ഇതിനെ പ്രതിപാദനം ചെയ്യുന്നതും പ്രവചിക്കുന്നതും വിദ്യയുടെ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് വിദ്യാസ്വരൂപത്തെ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ട് അവനവൻ ആചാര്യന് പ്രതിപാദനം ചെയ്യുന്നതിനു വേണ്ടി ആചാര്യന് ആ വിദ്യാ സ്വരൂപത്തെ പ്രകാശിക്കുന്നതിന് വേണ്ടി ശിഷ്യൻ ശ്രവിക്കുന്നതിനു വേണ്ടി ശിഷ്യന് ആ വിദ്യയുടെ സ്വരൂപം എന്താണെന്ന് അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാകണം അപ്പം അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുക അങ്ങനെയാണ് രണ്ടുപേരെയും രക്ഷിക്കേണ്ടത് എന്നാണ് അപ്പോൾ രണ്ടുപേരുടെയും ഉള്ളിൽ വിദ്യ പ്രകാശിക്കുക അതാണ് രക്ഷ ആരാണ് അങ്ങനെ രക്ഷിക്കേണ്ടത് വിദ്യയെ പ്രകാശിപ്പിക്കേണ്ടത് പറയുന്നു കഹ ആര് പ്രകാശിപ്പിക്കണം പറയുന്നു സേവ പരമേശ്വര ഉപനിഷത്ത് പ്രകാശിത ഈ ഉപനിഷത്തിന് വെളിപ്പെടുത്തിയ ആ പരമേശ്വരൻ തന്നെ വേദത്തെ വെളിപ്പെടുത്തിയ സ്വനിശ്വാസം പോലെ വേദത്തെ വെളിപ്പെടുത്തിയ ആ പരമാത്മാവ് തന്നെയാണ് ശിഷ്യനും ആചാര്യനും വിദ്യയെ പ്രകാശിപ്പിക്കേണ്ടത് കിഞ്ച മാത്രമല്ല വിദ്യ പ്രകാശിപ്പിച്ച പോരാ അതോടൊപ്പം നൗ ഞങ്ങളെ രണ്ടുപേരെയും ഭുനക്തെന്ന് വെച്ചാൽ പാലിക്കൂ വീണ്ടും പാലിക്കാൻ പറയും എങ്ങനെ പറയുന്നു തദ് പ്രകാശനേന അതിന്റെ ഫലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് വിദ്യയുടെ ഫലം എന്താണ് മോക്ഷം ആ മോക്ഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് മോക്ഷത്തെ നൽകിക്കൊണ്ട് നൗ പാലയതു അങ്ങനെയും രക്ഷിക്കുക എന്നാണ് അങ്ങനെ രണ്ട് ചിത്ത ഉപയോഗിച്ചത് അവതു ഭൂനു രണ്ടിന്റെയും അർത്ഥം രക്ഷിക്കുക എന്നാണ് പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട് ആദ്യം ആവശ്യപ്പെട്ടത് വിദ്യയെ ഉള്ളിൽ പ്രകാശിപ്പിക്കുക രണ്ടാമത് പറയുന്ന വിദ്യയുടെ ഫലമായ മോക്ഷത്തെ പ്രകാശിപ്പിക്കുക എന്നാണ് അടുത്തു പറയുന്ന എന്താണ് സഹ വീര്യം കരവാ സഹ ഏവ ആവാം നൗ എന്നുള്ളത് അവിടെയും ചേർത്തോന്നു സഹ നൗ വീര്യം അത് പറയുന്നു ആവാ ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സാമർഥ്യം അതായത് ഈ സർവദന്ധനങ്ങളിൽ നിന്നും മോചിക്കുന്നതിനുള്ള സാമർഥ്യം സർവകാമങ്ങളെയും നേരത്തെ പറഞ്ഞല്ലോ അതിനെല്ലാം ജയിക്കുന്നതിനുള്ള സാമർഥ്യം അതാണ് വീദ്യം ഈ സർവ അജ്ഞാന സംശയവിര്യങ്ങളെയും നശിപ്പിക്കുന്നതിനുള്ള ശേഷി അതാണ് സാമർഥ്യം വിദ്യ നൽകുന്ന വീദ്യം അതാണ് അത് തരവാവഹേ നിഷ്പാദയാവഹേ അതിന്റെ അർത്ഥം പറയുന്നു അത് നിഷ്പാദിപ്പിക്കണം നിഷ്പാദിപ്പിച്ച് തരണം ആര് പരമേശ്വരൻ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് വിദ്യകൊണ്ടുണ്ടാകേണ്ട ആ വീദ്യം ശേഷി ഉണ്ടാകണം എന്നർത്ഥം കിഞ്ച മാത്രമല്ല തേജസ്വി നൗ തേജസ്നോ ആവയോ യത് അധീതം തത് സു അധീതം അസ്തു തേജസ്വി നൗ അവിടെ ഒരുമിച്ചെടുത്തിരിക്കയാണ് തേജസ്വി നൗ എന്നുള്ളതിനെ ഒറ്റപ്രദമായിട്ട് എടുത്തിരിക്കുകയാണ് തേജസ്വി തേജസ്വിനൌ തേജസ്വിനാരാന്ത ശബ്ദമായിട്ട് അപ്പൊ തേജസ്വി നൗ ാണ് അതിനെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയാണ് തേജസ്വിനോഹോ ആവോതം തേജസ്വികളായിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും കാരണം വിദ്യയുടെ പ്രതിപാദനത്തിലൂടെയും ശ്രവണത്തിലൂടെയും തേജസ്വികളായിരിക്കുന്ന രണ്ടുപേരും ശിഷ്യനും ആചാര്യനും ആവയോഹോ യത് അധീതം എന്താണോ ഇതുവരെ അധ്യയനം ചെയ്തിരിക്കുന്നത് ഗ്രഹിച്ചിരിക്കുന്നത് അത് സു അധീത വസ്തു അത് സു അധീതമാകട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ വിസ്മരണം സംഭവിക്കരുത് പ്രമാദങ്ങളൊന്നും വരരുത് അജ്ഞാന സംശയവിവരീയങ്ങളൊന്നും അതിൽ ഉണ്ടാകരുത് അതാണ് സു അധീതം നല്ലവണ്ണം അധ്യയനം ചെയ്യപ്പെട്ടതാകട്ടെ അതിന് വിപരീതമായി ഗ്രഹിക്കാൻ ഇടവരുത് സംശയങ്ങൾ വരരുത് ധരിച്ചത് മറന്നു പോകരുത് ഭ്രമങ്ങളുണ്ടാകരുത് അതാണ് അപ്പോൾ ഈ വിദ്യയുടെ പ്രതിപാദനത്തിലൂടെയും ശ്രവണത്തിലൂടെയും തേജസ്വികളായിരിക്കുന്നവരാണ് ശിഷ്യനും ആചാര്യനും അവർ എന്താണോ ഈ ഉപനിഷത്തിൽ നിന്ന് ധരിച്ചിരിക്കുന്നത് അത് ന്യൂനതയില്ലാത്തതായിരിക്കട്ടെ സു അധീതമായിരിക്കട്ടെ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ലാത്തതായിരിക്കട്ടെ എന്നാണ് എന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാം തേജസ്വി നൗ ഒറ്റപദമായിട്ടെടുത്തു കഴിഞ്ഞാൽ നകാരാന്ത ശബ്ദം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തേജസ്വി നൌ എന്ന് പറഞ്ഞു രണ്ട് പദമായിട്ടും എടുക്കാം അഥവാ തേജസ്വി നൌ ആവാ അതായത് രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ പദം രണ്ടു തരത്തിലവിടെ പിരിച്ചെടുക്കാം പദപാഠത്തിൽ ഒന്നിൽ തേജസ്വി നൌ അതീതം അസ്തു തേജസ്വി നൌ രണ്ടു പദമാവും അങ്ങനെ ഇവിടെ അർത്ഥം പറയുകയാണ് തേജസ്സി നൗ പറയുന്ന ഞങ്ങൾ രണ്ടുപേരും ഏതീതം എന്താണോ അധ്യയനം ചെയ്തത് തത് അതീവ തേജസ്സി വീര്യവത് അസ്തു അത് അത്യധികം വീര്യമുള്ളതായി തീരട്ടെ എന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ് രണ്ടു തരത്തിൽ അർത്ഥം പറഞ്ഞാലും താല്പര്യം ഒന്നാണ് ഒന്നുകിൽ തേജസ്വി നൌ അധീതം അസ്തു എന്നെടുക്കുക അല്ലെങ്കിൽ തേജസ്വി നൌ അധീതം അസ്തു എന്നെടുക്കുക നൗ അധീതം തേജസ്വി അസ്തു ഞങ്ങൾ അധ്യയനം ചെയ്തത് തേജസ് ഉള്ളതായി തീരട്ടെ വീര്യം ഉള്ളതായി തീരട്ടെ അധ്യയനം ചെയ്തതിന്റെ വീര്യം എന്ന് പറഞ്ഞതാണ് ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക വിസ്മരിക്കാതിരിക്കുക അജ്ഞാന സംശയങ്ങളൊന്നും അതിൽ വരാതിരിക്കുക എന്നാണ് ശിഷ്യ ആചാര്യോ അന്യോന്യം പ്രമാദകൃത അന്യായ അധ്യയന അധ്യാപന ദോഷനിമിത്തം ദ്ഹേ ഇത്യർത്ഥം ശിഷ്യാചാര്യന്മാർ നേരത്തെ പറഞ്ഞല്ലോ പ്രമാദം ർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാം ശിഷ്യനും ആചാര്യനും സംഭവിക്കാം ഇവർ അന്യോന്യം പ്രമാദകൃത പരസ്പരം ഇവരിൽ വിദ്വേഷം ഉണ്ടാകരുത് എങ്ങനെ പ്രമാദകൃത അന്യായ അധ്യയന അധ്യാപന ദോഷം അധ്യയനത്തിൽ അധ്യാപനത്തിൽ എല്ലാം ദോഷങ്ങൾ വരാം പ്രമാദങ്ങൾ വീഴ്ചകൾ വരാം അതുകൊണ്ട് അതാണ് പ്രമാദകൃതമാണ് ശരിയായ രീതിയിൽ അധ്യയനവും അധ്യാപനവും വരുന്നിടത്ത് വിദ്വേഷം വരത്തില്ല അങ്ങനെ അല്ലാതെ വരാൻ സാധ്യതയുണ്ട് പറയുന്നു പ്രമാദം കൊണ്ട് വരുന്ന അന്യമായ അധ്യയനം അധ്യാപനം അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ ആ ദോഷങ്ങൾ കൊണ്ട് ദ്വേഷം വരുന്നതുകൊണ്ടാണ് എന്നുവെച്ചാൽ അധ്യയനത്തിലോ അധ്യാപനത്തിലോ എന്തെങ്കിലും പ്രമാദങ്ങൾ വന്നു കഴിഞ്ഞാൽ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ് ആ ദോഷം നിമിത്തമായിട്ടാണ് ശിഷ്യനിലും ആചാര്യനിലും പരസ്പരം വിദ്വേഷം വരുന്നത് എന്നാണ് അധ്യയനത്തിലോ അധ്യാപനത്തിലോ വീഴ്ചകൾ സംഭവിച്ചാൽ എന്തെങ്കിലും ആ വീഴ്ച ദോഷമായിരിക്കുകയും അത് പരസ്പരം വിദ്വേഷത്തെ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നതാണ് അപ്പൊ വിദ്വേഷത്തിന് കാരണം അധ്യയനത്തിൽ അല്ലെങ്കിൽ അധ്യാപനത്തിൽ വരുന്ന ദോഷങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത് ആ ദോഷം നിമിത്തമായി വരുന്ന പരസ്പര വിദ്വേഷം കരവാഹി അത് ഉണ്ടാകരുത് എന്നാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ആചാര്യനെയും ശിഷ്യന്മാരെയും അത് വരാതിരിക്കണം എന്നാണ് ശാന്തിഹി ശാന്തിഹി ശാന്തിരുതി ത്രിവചനം മൂന്ന് നമ്മളിവിടെ പറഞ്ഞു എന്താണ് സർവദോഷ ഉപശമനാർത്ഥം സർവ്വദോഷങ്ങളെയും ശമിപ്പിക്കുന്നതിനാണ് ആധ്യാത്മിക ആദിഭൗതിക ആദി ദൈവിക ദോഷങ്ങൾ അതാണ് സർവ്വദോഷങ്ങളും ആ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപശമനാർത്ഥം അതിൻ്റെ പൂർണ്ണമായ ശമനത്തിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇതി ഓം എന്ന് പറഞ്ഞാൽ ഇത്രയും കൊണ്ട് ഭാഷ്യം അവസാനിച്ചിരിക്കുന്നു ശ്രീമദ് പരമഹംസ പരം രാജകാചാര്യ ഗോവിന്ദ ഭഗവത് പൂജ്യപാദ ശിഷ്യ ശ്രീമദ് ആചാര്യ ശ്രീശങ്കരഭവത കൃതൗ പഠോപനിഷ് ഭാഷ്യെ ദ്ധ്യായ തൃതീയവല്ലി സമാപ്തടർന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീത ശാങ്കരഭാഷ്യത്തോടുകൂടിയാണ് ഹനന്ത സഹായേയം നരവഹേ